തൻറെ ദുഷ്കർമ്മങ്ങൾ തനിക്ക് ഭംഗിയുള്ളതായി തോന്നിപ്പിക്കപ്പെട്ടവൻ മറ്റൊരാളും തുല്യനാണോ അള്ളാഹു സുബഹാനുഹൂവ ഛായാല ഉദ്ദേശിക്കുന്നവരെ അവൻ വഴിപിഴപ്പിക്കുകയും ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു അതിനാൽ അവർക്കുവേണ്ടി നീ അങ്ങേയറ്റം ദുഃഖിക്കരുത് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു സുബഹാനഹുവറ്റായാല എല്ലാം അറിയുന്നവനാണോ